അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ അടുപ്പിൽ നിന്ന് വെള്ളം തിളച്ചുപൊങ്ങിയപ്പോൾ നാം പറഞ്ഞു എല്ലാ ജീവികളിലും രണ്ടു ജോഡികളെയും നിന്റെ കുടുംബത്തെയും കയറ്റുക എന്നാൽ മുൻപേ വിധി തീരുമാനിക്കപ്പെട്ടവർ ഒഴികെ വിശ്വസിച്ചവരെയും കയറ്റുക എന്നാൽ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചത് ചുരുക്കം ചിലർ മാത്രമായിരുന്നു